അധ്യായം അറുപത്തിയാറ് അത്തഹ്രീം മദീനയിൽ അവതരിച്ചത് തഹ്രീം എന്നാൽ നിഷിദ്ധമാക്കൽ എന്നർത്ഥം അല്ലാഹു അനുവദിച്ച കാര്യം ഭാര്യമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വയം നിഷിദ്ധമായി ഗണിക്കരുതെന്ന് ഒന്നാം വചനത്തിൽ അള്ളാഹു നബിയെ ഉണർത്തിയതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത് െന്തിനാണ് നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു തന്നത് നിഷിദ്ധമാക്കുന്നത് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു നിങ്ങളുടെ ശപഥങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു അള്ളാഹു നിങ്ങളുടെ യജമാനനാകുന്നു അവനത്ര സർവജ്ഞനും യുക്തിമാനും ബി അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു എന്നിട്ട് ആ ഭാര്യ അത് മറ്റൊരാളെ അറിയിക്കുകയും നബിക്ക് അള്ളാഹു അത് വെളിപ്പെടുത്തിക്കൊടുക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ചില ഭാഗം അദ്ദേഹം ആ ഭാര്യയ്ക്ക് അറിയിച്ചു കൊടുക്കുകയും ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു അങ്ങനെ അവളോട് അദ്ദേഹം അതിനെപ്പറ്റി വിവരമറിയിച്ചപ്പോൾ അവൾ പറഞ്ഞു താങ്കൾക്ക് ആരാണ് ഈ വിവരം അറിയിച്ചു തന്നത് നബി പറഞ്ഞു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമായിട്ടുള്ളവനാണ് എനിക്കു വിവരമറിയിച്ചു തന്നത് നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിംഗലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുക കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ തിന്മയിലേക്ക് ചാഞ്ഞുപോയിരിക്കുന്നു ഇനി നിങ്ങൾ ഇരുവരും റസൂലിനെതിരിൽ പരസ്പരം സഹകരിക്കുന്ന തീർച്ചയായും അള്ളാഹുവാകുന്നു അദ്ദേഹത്തിൻ്റെ യജമാനൻ ജിബിരിയിലും സദ്വൃത്തരായ സത്യവിശ്വാസികളും അതിനു മലക്കുകളും അദ്ദേഹത്തിന് സഹായികളായിരിക്കുന്നതാണ് പ്രവാചക പത്നിമാരെ നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന നിങ്ങളെക്കാൾ നല്ലവരായ ഭാര്യമാരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പകരം നൽകിയേക്കാം മുസ്ലിങ്ങളും സത്യവിശ്വാസിനികളും ഭയഭക്തിയുള്ളവരും പശ്ചാത്താപമുള്ളവരും ആരാധനാ നിരതരും വ്രതമനുഷ്ഠിക്കുന്നവരും വിധവകളും കന്യകകളുമായിട്ടുള്ള സ്ത്രീകളെ സത്യവിശ്വാസികളെ സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക അതിന്റെ മേൽനോട്ടത്തിന് പരുഷ സ്വഭാവമുള്ളവരും അതിശക്തന്മാരുമായ മലക്കുകളുണ്ടായിരിക്കും അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവർ അനുസരണക്കേട് കാണിക്കുകയില്ല അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യും സത്യനിഷേധികളെ നിങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിന് മാത്രമാണ് നിങ്ങൾക്ക് جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ يَوْمَ لَا اللَّهُ النَّبِيَّ وَالَّذِينَ آمَنُوا مَعَهُ نُورُهُمْ يَسْعَى بَيْنَ أَيْدِيهِمْ وَبِأَيْمَانِهِمْ يَقُولُونَ رَبَّنَا أَتْمِمْ لَنَا لَنَا نُورَنَا وَاغْفِرْ إِنَّكَ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിംഗ്ലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം കൈകൊണ്ട് മടങ്ങുക നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം അള്ളാഹു പ്രവാചകനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും അപമാനിക്കാത്ത ദിവസത്തിൽ അവരുടെ പ്രകാശം അവരുടെ മുന്നിലൂടെയും വലതുവശങ്ങളിലൂടെയും സഞ്ചരിക്കും അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്കു നീ പൂർത്തീകരിച്ചു തരികയും ഞങ്ങൾക്കു നീ പൊറത്തുതരികയും ചെയ്യണമേ തീർച്ചയായും നീ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു ഓ നെബി സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും നീ സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക അവരുടെ സങ്കേതം നരകമാകുന്നു എത്തിച്ചേരാനുള്ള ആ എത്രയോ ചീത്ത كانتا تحت عبدين من عبادنا صالحين فخانتا هما فخانتا هما فلم يغنيا عنهما من الله شيئا وقيل دخل النار مع الداخلين ستّن شئدگلق اُداحرنمائي نوح اندى فاري اے يوم لوت اندى فاري اے يوم اللہو ادى ایڈت تغاني چرئی کنن اور رنڈو بیروم نموڑ داسن مارل پتّا സദ്വൃത്തരായ രണ്ടു ദാസന്മാരുടെ കീഴിലായിരുന്നു എന്നിട്ട് അവരെ രണ്ടുപേരെയും ഇവർ വഞ്ചിച്ചുകളഞ്ഞു അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് യാതൊന്നും അവർ രണ്ടുപേരും ഇവർക്ക് ഒഴിവാക്കിക്കൊടുത്തില്ല നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ കടക്കുന്നവരോടൊപ്പം കടന്നുകൊള്ളുക എന്ന് പറയപ്പെടുകയും ചെയ്തു സത്യവിശ്വാസികൾക്ക് ഒരു ഉപമയായി അള്ളാഹു ഫിർ അവന്റെ ഭാര്യയെ എടുത്തുകാണിച്ചിരിക്കുന്നു അവൾ പറഞ്ഞ സന്ദർഭം എന്റെ രക്ഷിതാവെ എനിക്കു നീ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കിത്തരികയും ഫിർനിൽ നിന്നും അവന്റെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ തന്റെ ഗുഹ്യസ്ഥാനം കാസൂക്ഷിച്ച ഇമ്രാന്റെ മകളായ മറിയമിനെയും ഉപമയായി എടുത്തുകാണിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി തന്റെ രക്ഷിതാവിന്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുകയും അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു